കുറച്ചുനേരം പുകയടിച്ച് കഴിഞ്ഞ് പണിയെടുത്താല് പിന്നെ ആഹാരം വേണ്ട രാവിലെയൊന്നും കഴിക്കാത്ത അമ്മ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്ത അമ്മ കാലത്ത് മുതല് പുല്ലറിക്കുന്നു തുണി അലക്കുന്നു പിള്ളേരോട് ഒരുപണിയും പറയുന്നില്ല ഭർത്താവിനോട് ഒരുപണിയും പറയുന്നില്ല ഇത് കണ്ടിട്ട് ഭർത്താവ് എന്നു സഹായിക്കാമെന്ന് ചെയ്യുമ്പോൾ അപ്പുറത്ത് പോയിരുന്നാൽ മതി കഴിക്കാറാകുമ്പോൾ വിളിക്കാം അവിടെ പോയിരിക്കും കഴിക്കാറാകുമ്പോൾ വിളിക്കാം നീ വെള്ളം കോ ഞാൻ കോരിക്കോളാം മേലിക്കാൻ വിളിക്കും വെള്ളം കോരുന്നു പാത്രം തേക്കുന്നു നൊട്ടിയിടണ്ട് അല്പം സൂക്ഷ്മത പോയാൽ പൊട്ടുന്ന മൂന്ന് കല്ലേ വെച്ച് കഞ്ഞി ഉണ്ടാക്കുന്നു അല്പം സൂക്ഷത ഒരു വിറകൊന്നും ഉന്തിയാൽ മതി ആ തിളയ്ക്കുന്ന അരിയോടുകൂടി കലംപൊട്ടിയതിനകത്ത് വീഴും ഇന്ന് ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ വെല്ലുവിളി ഏതെങ്കിലും സ്ത്രീക്ക് മൂന്ന് കല്ലെടുത്ത് വെച്ച് പതിനഞ്ചടം കഴി അരിവേ ഒന്നൊരു മൺകലത്തിനകത്ത് കേടുകൂടാതെ ഒരു അഞ്ച് പ്രാവശ്യം അരിവയ്ക്കാവുമെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് ഒരുപാട് ഈസിൻചുണയുണ്ട് ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുണ്ടാവും ാക്കാശിന് കൊള്ളുകാരെല്ലുവിളി നേരിടാൻ എന്നും അതിന് മനസ്സിന് വേറെ സ്ഥാനം വേണം ശരീരം പോരാ പൗഡറിട്ട് നടന്നാൽ പോരാ അലുമിനിയം കലത്തിലും സ്റ്റീൽ കലത്തിലും വരെ ഭർത്താവ് പാചകം വരും രാവിലെ വെള്ളം കുടിക്കണമെങ്കിൽ എന്നിട്ട് എനിക്ക് അഗ്നിയെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് സംഭവിക്കൂ ദേഷ്യായോ തമ്പോ മാറിപ്പോയെന്നോ ഏ ശരിയല്ല ഞാൻ പറഞ്ഞത് അനുഭവം കൊണ്ട് ശരിയല്ല രാവിലെ കഴിക്കാത്ത ഉച്ചയ്ക്ക് കഴിക്കാത്ത സ്ത്രീ കാലത്തു മുതൽ വൈകുന്നേരം വരെ എടുക്കുന്ന പണി ഏ ഏതാ കഴിക്കണം ഉണ്ടാവും അന്ന് ജീവിച്ചിരുന്ന പ്രായമായവർക്കൊക്കെ അറിയായില്ലെന്ന് കാരണം ഏതൊരു സാധനം എടുത്താലും വേലയ്ക്ക് പോകുന്ന സ്ത്രീ പോലും ആരെങ്കിലും ഒരു സാധനം കൊടുത്താൽ അന്ന് ഇടയിലേക്ക് തിരികും വീട്ടില് പ്രായമായ ഒരിപ്പുണ്ട് അവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കൊടുക്കാൻ ഏത് അവരുൾപ്പെടെ അവരെ പോലെ തന്നെ അന്ന് വേലയെടുത്താൽ എല്ലാവരും നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങൾക്കകത്തും തിന്നു മതിച്ച് മറ്റുള്ളവരെ കൊണ്ട് പണിയടിപ്പിച്ചവരുടെ കഥയല്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ പറയുന്ന പോലാണെന്ന് എനിക്കും സമ്മതമാ ഞാനൊരു അമ്മയുടെ കഥയാണ് പറഞ്ഞത് ശരിയല്ല ഏ എവിടുന്നാ അവരാഹരിച്ചത് ഇന്നും പാചകക്കാർ പാചകം കഴിയുമ്പോ കഴിക്കാൻ പറ്റില്ല വയറു നിറ വയറു അവർക്ക് കഴിക്കാൻ നോക്കില്ല എങ്ങനെയാ അവരുടെ വയനാട അവരുടെ അന്നം ഹവിസ് ആണ് അന്നത്തെ കുറിച്ചുള്ള ത്രിവൃത്കരണത്തിലെ സംഭാവിത സത്യമാണ് ചാന്തൂക്യത്തിൽ എന്ന് പറഞ്ഞത് ഇനി എത്ര നൂറ്റാണ്ട് നിങ്ങളുടെ ഗവേഷകന്മാര് തലേങ്കുത്തിൽ നിന്ന് പഠിച്ചാലൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുക പരമാവധങ്ങൾ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുമ്പോൾ കാരണത്തെ കാര്യത്തിൽ നിന്ന് തിരിച്ചറിയാൻ പഠിക്കുന്ന വിദ്യ ഗുരുകുലങ്ങളിൽ നിന്ന് പഠിച്ചവൻ ഒരു ദിവസം പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ള വിദ്യയാകുള്ളൂ നിങ്ങൾ ഈ കുട്ടി ഘോഷിക്കുന്ന ആചാരം പണമെല്ലാം അതുകൊണ്ടാണ് ഹൗസിന് പ്രാധാന്യം അഗ്നിയിലെ കറുപ്പ് അന്നമാണ് അതുകൊണ്ട് പുകയന്നമാണ് ഒരു സ്ത്രീയെങ്കിലും പുകയടിച്ചിട്ട് ചുമയ്ക്കുവോ തുമ്മുവോ ശ്വാസം മുട്ടുകയോ ചൊറിയുകയോ പറയുകയോ ചെയ്യാതെയാണ് കഴിഞ്ഞ തലമുറ പോയത് പുകയും തീർന്ന് പൊടിപടലവും തീർന്ന് ഗ്രാനേറ്റും മാർബിളും പതിച്ച് നിങ്ങൾ അതിലിരിക്കാൻ തുടങ്ങിയപ്പോഴാ ശ്വാസം മുട്ടാൻ തുടങ്ങിയത് എ സി റൂമിൽ നിന്ന് ഏ സി കാറിക്കറി എ സിയിൽ ഇരിക്കുന്ന ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ പൊടിയുടെ അലർജിയാണ് വാക്യൂം ക്ലീനർ വെച്ച് ഡെയിലി വലിക്കുക വേലക്കാരി എന്നും തുണി നനച്ചു തുടങ്ങിയ എന്നിട്ടും അലർജി പൊടിയുടെയാണെന്ന് പറയുമ്പോൾ എനിക്ക് പൊടിയടിക്കാൻ മേല ഡോക്ടർ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ഒരാഴ്ച പോയി പുകയൊന്ന് അടിച്ചു നോക്കി പാരമ്പര്യ ജനിതകങ്ങളിൽ ആ ദേവതയ്ക്ക് കിട്ടേണ്ടെന്ന ഹവിസ് തടഞ്ഞതുകൊണ്ടാണോ ഈ ശ്വാസം മുട്ടൽ വന്നതെന്നൊന്ന് നോക്കി ഇത് കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും ചെന്ന് കുറെ പിലാവിന്റെ വരകും മേടിച്ചുകൊണ്ട് വന്ന് രണ്ട് തേങ്ങാകൂത്തും ഒക്കെ അറിയാൻ മേലാത്ത മന്ത്രമൊക്കെ ഓം പാർഥായ പ്രതിബോധിതം സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നിടത്താണെങ്കിലും പോയി പുകയടിക്കുമ്പോൾ ഇന്നൊരാശ്വാസമുണ്ടെന്ന് അപ്പൊ ഡോക്ടറുടെ ഒരു അരുളപ്പാട് വിശ്വാസം കൊണ്ടായിരിക്കും ചാന്ക്യം വളരെ പറയുന്നത് സൂര്യന്റെ ചുവപ്പ് സൂര്യന്റെ വെളുപ്പ് സൂര്യന്റെ കറുപ്പ് ചന്ദ്രന്റെ വെളുപ്പ് ചന്ദ്രന്റെ ചുവപ്പ് ചന്ദ്രന്റെ കറുപ്പ് അഗ്നിയുടെ ചുവപ്പായ രൂപം യാതൊന്നാണോ അത് തേജസ്സിന്റെ രൂപമാണ് വെളുത്തത് ജലത്തിന്റെ രൂപമാണ് കറുത്തത് യാതൊന്നാണോ അത് അന്നത്തിൻ്റെതാണ് ഇങ്ങനെ അഗ്നിയിൽ നിന്നും അഗ്നിത്വം നിവൃത്തമായി അഗ്നി എന്ന രൂപം വികാരമാണ് ംഭണമാണ് നാമധേയമാണ് മൂന്ന് രൂപങ്ങൾ മാത്രമാണ് സത്യം ഇങ്ങനെയാണ് അന്വയ വ്യതിരേകം ഇങ്ങനെയാണ് അഴിക്കുന്നത് പ്രപഞ്ചത്തെ അഴിക്കാൻ പഠിക്കണം അടുത്ത ശ്ലോകത്തിൽ ഇത് ഗുരുവന്നുകൂടെ പറയും വസ്ത്രത്തെ അഴിക്കുന്ന വിദ്യയിലൂടെ ഇവിടെ കണ്ടതുകൊണ്ടാണ് ഇവിടെ ചേർന്നത് അപ്പൊ അഗ്നി ആദിത്യൻ ചന്ദ്രൻ ഇവയെ പറഞ്ഞിട്ട് മിന്നലിന്റെ ചുവന്ന രൂപം ഏതെന്നാണോ അതതിന്റെ തേജസ്സിന്റെ രൂപമാണ് വെളുത്തത് ജലത്തിന്റെ രൂപമാണ് കറുത്തത് അന്നത്തിന്റെയാണ് മിന്നലിൽ നിന്നും അങ്ങനെ മിന്നൽ അവസ്ഥ ഇല്ലാതായി വികാരമെന്നത് വാചാര ഭണമാണ് നാമധേയമാണ് മൂന്ന് രൂപങ്ങൾ മാത്രം സത്യം ഈ ത്രിവിൽക്കരണത്തെ അറിയുന്ന പൂർവന്മാരായ മഹാഗൃഹസ്ഥന്മാരും മഹാശ്രോത്രിയന്മാരുമായവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ സമയം നമ്മുടെ കുലത്തിൽ നിന്നും അശ്രുതമായോ അമതമായോ അവിജ്ഞാതമായോ ഉണ്ടെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല കാരണം അഗ്നി മുതലായ ദൃഷ്ടാന്തം വഴി അവരെല്ലാം അറിയുന്നു യാതൊന്ന് ചുവന്നതുപോലെ ഭവിക്കുന്നത് തേജസ്സിന്റെ രൂപമാണ് അതിനെ അങ്ങനെ അറിഞ്ഞു യാതൊന്ന് വെളുത്തതുപോലെ ഭവിക്കുന്നു അത് വെള്ളത്തിന്റെ രൂപമാണ് അതിനെ അങ്ങനെ അറിഞ്ഞു യാതൊന്ന് കരുത്തതുപോലെ ഭവിക്കുന്നു അത് അന്നത്തിന്റെ രൂപമാണ് അതിനെ അങ്ങനെ അറിഞ്ഞു ഏത് അറിഞ്ഞതുപോലെ ഭവിക്കുന്നുവോ അത് ആ ദേവതകളുടെ സമൂഹം മാത്രമാണ് ആ നിലയ്ക്ക് അതിനെ മനസ്സിലാക്കണം അല്ലയോ സൗമ്യ ഈ മൂന്ന് ദേവതകൾ പുരുഷനെ പ്രാപിച്ചിട്ട് മുമ്മൂന്നാവുകയും വീണ്ടും എങ്ങനെ ഓരോന്ന് അയിത്തിരികയും ചെയ്തു എന്ന് എന്നിൽ നിന്നറിഞ്ഞാലും അശിക്കപ്പെട്ട എണ്ണം മൂന്ന് വിധമായിത്തിരുന്നു അതിന്റെ ഏറ്റവും സ്ഥൂലമായ ധാതു മലമായി തീരുന്നു നടുക്കുള്ളത് മാംസമായി ഭവിക്കുന്നു ഏറ്റവും സൂക്ഷ്മമായത് മനസ്സായും ഭവിക്കുന്നു അങ്ങോട്ട് കഴിക്കുന്ന ആഹാരം അതിൻ്റെ സ്ഥൂലമാ മലം അതിൻ്റെ സൂക്ഷ്മ ശരീരം അതിൻ്റെ കാരണഭൂതമായ ഏറ്റവും സൂക്ഷ്മമായതാണ് മനസ് ഇതിന് ശേതഗേതുവിനെ പട്ടിണിക്കിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അന്നമാണ് മനസ്സ് അന്നമയം ഹി സൗമ്യ മന അതുകൊണ്ട് കഴിക്കുന്ന അന്നം മനസ്സാകുമെന്നറിഞ്ഞ് കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ഗതികേടിലൊന്നും നമ്മൾ പോയി വീഴില്ല വാസനയെയും മനസ്സാകാനിരിക്കുന്നതെന്ന അറിവിനെയും സംയോജിപ്പിച്ച് പാരമ്പര്യ സംവേദനങ്ങളായിരിക്കുന്ന അറിവുകളോട് ചേർന്ന് ശ്രദ്ധിച്ച് മര്യാദാപുരസ്സരം അന്നം കഴിക്കാൻ പഠിക്കണം അല്ല ഒന്നും ഇത് ഉറക്കിയല്ല അതിലേറ്റവും ശ്രദ്ധേയമായത് ഹവിസ് ആണ് ബാഹ്യാഗ്നെ ഹവിസ് നിങ്ങളുടെ സാമ്പത്തിക ദർശനത്തിനെതിരാണ് നേരെയതിൽ പുറത്തു കളയാതെ ഇതെല്ലാം കഴിക്കാൻ ഓടുകയാണ് ശരിയാണ് കഴിക്കുമ്പോൾ നിങ്ങൾ ഭോക്താവായി മാറുകയാണ് ഭോക്താവാകുമ്പോൾ സുഖം സുഖമുണ്ടോ ഉണ്ടോ ഏ ഭക്താവാകുമ്പോ സുഖമുണ്ടോ ഇല്ല ക്ലേശയുള്ളൂ പ്രസാദം പോലും ഇപ്പൊ നിങ്ങൾക്കെല്ലാം ലഡ്ഡു പ്രസാദമായിട്ട് സ്വാമിയുടെ കൈകൊണ്ട വന്നേ പ്രസാദല്ലേ പ്രസാദേ സർവ്വദുഖാനാം ഹാനി അടിച്ചു താഴോട്ട ദീപം തെറ്റി തലയുറ്റുന്നു കൊണ്ടുപോയപ്പോ നാനൂറ്റമ്പതാഷു സർവ്വദുഃഖങ്ങൾക്ക് ഹാനിയുണ്ടാകുന്ന പ്രസാദം അറിവിന്റെ മൂലസ്ഥിതിയിലായിരിക്കുന്നത് അറിഞ്ഞു വേണം ആ അന്നം സ്വീകരിക്കാൻ ഭോക്താവിൽ സുഖമില്ല ഒരു വിധത്തിലുമില്ല ഏത് തരത്തിൽ എന്നം അശിക്കുമ്പോഴും ദേവതാ സമ്മേളനം തെറ്റിയാൽ കൊടോ എന്നാ ഇനി ഒരു ചെയ്യാം അന്യരെ അശിപ്പിച്ചു സുഖം കിട്ടുമോ സ്വേച്ഛ പരേച്ഛ തുടങ്ങിയവയൊക്കെയുണ്ട് നനി മറ്റാർക്കെങ്കിലും കൊടുക്കാം ഈ ലോകത്തിലെ വിഷയവിശിഷ്ടങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാകുന്ന വിഷയങ്ങളെ ഞാൻ അനുഭവിക്കുന്നത് വലിയ തെറ്റാണെങ്കിൽ അനുഭവിപ്പിക്കാം അന്യർക്ക് കൊടുക്കാം കൊടുത്ത് നോക്ക് നേരത്തെ ഭോക്തൃത്വമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴോ കർത്തൃത്വവും കൂടെ ആയി നേരത്തെ മമതയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴോ അഭിമാനവും കൂടെയായി ഞാൻ കൊടുത്തവനാണ് വാങ്ങിയവന് വിധേയത്വവുമായി ശരി പോലുണ്ടോ നിങ്ങൾ ഇതുവരെ കൊടുത്തത് മുഴുവൻ നാളും തിയതയും കുറിച്ച് ഓർത്തുവച്ചിട്ടുണ്ട് നിങ്ങളോട് മേടിച്ചവൻ അന്നുമുതൽ ഇന്നുവരെ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കണം അടുക്ക വരണം വിധേയത്വം കാണിക്കണം മമത മമതയോടൊപ്പം അഭിമാനവും കൂടിയായി വിതൃംഭിച്ചു നിങ്ങൾ പഠിച്ചത് എന്നൊക്കെ ഞാൻ വ്യത്യാസപ്പെടുത്തിയോ ഏ നിങ്ങൾ പഠിച്ച എത്തിക്സും മോറൽസും ഒക്കെ മാറിയോ ഏ അതൊക്കെ സമറ്റിക് എത്തിക്സാണ് സമറ്റിക് മോറൽസാണ് അവ നിങ്ങൾ ഭാരതീയ സംസ്കൃതിയിൽ ചേർത്ത് പഠിച്ചൂന്നേ ഉള്ളൂ അവയുടെ ആധാരശിലകൾ ആധുനികങ്ങളാണ് മറിച്ചൊരു തീ അതിലേക്ക് ഈ വിഷയവിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങൾ അർപ്പിക്കാൻ എത്ര വിശ്വാസം വന്നാലും നിങ്ങളിലൊരാൾക്ക് സമ്മതമാവേ ഈ ഇരിക്കുന്ന നിങ്ങളോട് ഒരു ബാഹ്യകുണ്ടം കത്തിച്ച് അതിലേക്ക് വിലപിടിപ്പുള്ള പദാർത്ഥങ്ങൾ നെയ്യും തേനും തേങ്ങയും ഒക്കെ എടുത്ത് മടി കൂടാതെ അർപ്പിക്കാൻ അതിലൊക്കെ വിശ്വസിക്കുന്നവരൊക്കെ അർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം മുഴുവൻ ഇടണ്ട പത്തെണ്ണ അങ്ങ് മാറ്റിവെക്കി രണ്ട് കൊത്തിട്ടൊപ്പിക്ക് ഈ എണ്ണ മുഴുവൻ ഒഴിക്കണ്ട അതാ വിളക്കിന് പുറകിലൊരു പാത്രം വയ്ക്ക് എന്നിട്ട് മുമ്പിൽ നാള് പൊക്കി ഒഴിക്ക് പാത്രത്തിലോട്ട് വിരട്ടെ വിളക്കിലാണെന്ന് മുമ്പിൽ നിൽക്കുന്നവൻ ധരിക്കട്ടെ കത്തൊക്കെയുള്ള വിളയൽ കഴിഞ്ഞാ ഈ വിളയല് തുടങ്ങിയത് മനസ്സിലായില്ല ഈ നമ്പരെല്ലാം പോക്കാന്നറിഞ്ഞ് ടൈപ്പ് ചെയ്യ നമ്പര് തുടങ്ങി ഇപ്പൊ മനസ്സിലായില്ല ഇത് അവസാനത്തെ നമ്പരാണ് ഇനി ഒരു നമ്പർ ഇല്ല അത് ഉറച്ചു തുടങ്ങിയതാണ് അതുകൊണ്ട് കാണിക്കാവുന്ന എല്ലാ നമ്പരും കളിച്ച് എല്ലാ നമ്പരും പോക്കാന്ന് വ്യക്തതമായി മനസ്സിലാക്കി എല്ലാ നമ്പരും വിജയിച്ച് എല്ലാ നമ്പരും വിട്ടിട്ട് തുടങ്ങിയ നമ്പരാണ് അതുകൊണ്ട് ഇത് അവസാനത്തെ നമ്പരാണ് അതുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് പറയുന്നു ഇത്ര ഉറച്ച സ്വരത്തിൽ പറയുന്നു അവിടെ പ്രമാണത്തിലോ പ്രമേയത്തിലോ അല്പം പോലും ശങ്കയില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് യുക്തിയിലും ചിന്തിക്കാം ഏത് യുക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ശാസ്ത്ര സത്യങ്ങളെല്ലാം ആഗ്രഹാധിഷ്ഠിതമായ ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉരുത്തിരിഞ്ഞുണ്ടായതാണ് അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടുകൂടി ഒരു ഹോമകുണ്ടത്തിനകത്തേക്ക് ഒരു വസ്തുവിടാൻ നിങ്ങളുടെ മനസ്സും കയ്യും സമ്മതിക്കില്ല തീ കത്തുമ്പോൾ അതിനകത്തേക്ക് അച്ഛന്റെ വിലപിടിപ്പുള്ള കത്തുകളും പരിപാടികളുമാണെങ്കിലും ആ കത്തിക്കാണാൻ ആഗ്രഹമുള്ള കുഞ്ഞ് അവ പെറുക്കിക്കൊണ്ടേയിടുമ്പോൾ തേങ്ങ എടുത്ത് വർക്ക് ഇടുമ്പോ മനസ്സിലായില്ല അച്ഛനും അമ്മയും ചിലപ്പോൾ എടുക്കും അസത്തേ അതും ഇട്ടോ നിന്നെയും ഞാൻ എടുത്തിട്ട് വന്നു ഇടാൻ പിടിക്കുക ആ വരുന്നത് ഇത് എന്റെ അല്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇത് അന്നം ജലം അഗ്നി രൂപമായ തേജോ രൂപമായ ജലരൂപമായ അന്നരൂപമായ അന്നം അന്നത്തിന്റെ മൂലം ആദ്യം ഭൂതങ്ങൾ ഭൂതത്തിന്റെ മൂലം അന്നം അന്നത്തിന്റെ മൂലം സുങ്കം ജലം ജലത്തിന്റെ സുങ്കം മൂലം അഗ്നി അതുകൊണ്ട് അന്നവും ജലവും അഗ്നിയിൽ നിഹിതമായിരിക്കുന്നു എപ്പോൾ അന്നത്തെയും ജലത്തെയും അഗ്നിയിൽ നിഹിതമാക്കുന്നുവോ പൂർവജനായ അഗ്നിയെ സ്മരിക്കുന്നത് കൊണ്ട് പൂർവജനായ അഗ്നിസ വരൂ വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു അത് അന്ധക്കരണത്തെ ശുദ്ധമാക്കുന്നു ആത്മദുഷ്ടന്മാരുടെ കാര്യമല്ല ഈ പറഞ്ഞത് അന്ധക്കരണം ശുദ്ധമാകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഈ ായില്ല ക്ലിയറായില്ല പറഞ്ഞ ക്ലിയറായില്ല കാര്യത്തെ അവഗ്രഹിക്കുന്നത് കാരണത്തിലാണ് കാരണമഗ്നിയാണ് ഇപ്പോഴാണ് അഗ്നയെ സ്വാഹ പ്രജാപതയെ സ്വാഹ എന്ന ദർശനവും പൗർണമാസവും അഗ്രയണവും അതിഥിപൂജനവും ചാതുർമാസ്യവും ഒക്കെ ഈ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നതിനുള്ള വഴികളായി മാറുന്നത് അതിനെയാണ് നിഷ്കാമ കർമ്മയോഗമെന്ന് പറയുന്നത് അന്നത്തിൽ കാമമുണ്ടെങ്കിൽ ഇടാൻ പറ്റില്ല ജലത്തിൽ കാമമുണ്ടെങ്കിൽ ഇടാൻ പറ്റില്ല അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന മറ്റുള്ളവരില്ല ഈ ആത്മജ്ഞാനത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഉപനിഷത് സത്യം ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ എട്ടാം ശ്ലോകം മുതൽ പറയേണ്ടതുല്ലേ ഭഗവാൻ ഈ ഉപനിഷത് സത്യ പറഞ്ഞത് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാചപ്രജാപതി യജ്ഞത്തോടുകൂടി യജ്ഞാവിതമായ അഗ്നിയോടുകൂടി ബൃഹദാരണ്യകം എപ്പോഴാണോ പുരുഷന്റെ ബീജം രോമങ്ങൾ ദർഭകളായും കാതോട് കാതോരം പറയുന്നത് അഗ്നിസ്ഫുലിംഗങ്ങളായും ഉള്ള സ്ത്രീയിൽ പതിക്കുന്നത് ആ അഗ്നിയിൽ നിന്നാണ് പ്രജാതന്തുണ്ടാകുന്നത് അതുകൊണ്ട് സൃഷ്ടിക്കു ശേഷം പ്രജാപതി പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചാലും അതീയജ്ഞം കൊണ്ട് അന്നമാണ് പിതാവിൽ ബീജമായത് അന്നമാണ് മാതാവിൽ അണ്ടമായത് അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അന്നം തന്നെയാണ് ബ്രഹ്മം അന്നമേവൽമാനി ഭൂത അന്നം ബ്രഹ്മ അന്നമോ ജലത്തിൽ നിന്നാണുണ്ടായത് ജലമാണ് ബ്രഹ്മം ജലത്തിന്റെ സ്ഥൂല രൂപമാണ് മൂത്രം ജലത്തിന്റെ സൂക്ഷ്മരൂപമാണ് രക്തം ജലത്തിന്റെ അതിസൂക്ഷ്മരൂപമാണ് പ്രാണൻ अदवनमायलती शुंगमे अग्निया